നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ വന്നെത്തിയിരിക്കുന്നു അതിനാൽ കാണുന്നവൻ സ്വന്തം നന്മയ്ക്കായി കാണുന്നു അന്ധനായവൻ സ്വന്തം നാശത്തിനായി അന്ധനായിരിക്കുന്നു ഞാൻ നിങ്ങളുടെ മേൽ കാവൽക്കാരനല്ല